അധ്യായം പത്തൊമ്പത് മറിയം മക്കയിൽ അവതരിച്ചത് മറിയമിന്റെയും മകൻ ഈസാനബിയുടെയും ചരിത്രം പതിനാറ് മുതൽ മുപ്പത്തിനാല് കൂടിയുള്ള വചനങ്ങളിൽ വിവരിച്ചിട്ടുള്ളതിനാലാണ് ഈ അദ്ധ്യായത്തിന് മറിയം എന്ന് പേർ നൽകപ്പെട്ടത് حيا عين صاد ذكر رحمه ربك عبده زكريا نന്ദ രക്ഷിതാവന്റെ ദാസനായ സക്കറിയാക്ക് ചേദ അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള വിവരണംത്രെ ഇത് ഇന്നാദ റബ്ബഹു നിദാഅൻ ഖഫിയ അദയദ് അദ്ധേഹം തന്റെ രക്ഷിതാവിനെ പതുക്കെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എന്റെ എല്ലുകൾ ബലഹീനമായി കഴിഞ്ഞിരിക്കുന്നു തലയാണെങ്കിൽ നരച്ചു തിളങ്ങുന്നതായിരിക്കുന്നു എന്റെ രക്ഷിതാവേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല എനിക്ക് പുറകെ വരാനുള്ള ബന്ധുമിത്രാദികളെപ്പറ്റി എനിക്ക് ഭയമാകുന്നു എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയുമാകുന്നു അതിനാൽ നിന്റെ പക്കൽ നിന്ന് നീ എനിക്ക് ഒരു ബന്ധുവെ അഥവാ അവകാശിയെ നൽകേണമേ എനിക്കവൻ അനന്തരാവകാശിയായിരിക്കും യാഹൂബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയായിരിക്കും എന്റെ രക്ഷിതാവെ അവനെ നീ ഏവർക്കും തൃപ്തിപ്പെട്ടവനാക്കുകയും ചെയ്യണമേ يا زكريا إننا نبشرك بغلام اسمهو يحيا لم نجعل له من قبل سميعا ها زكريا تيرچ <تصفيق> يائيوم ننكنام اروا آنگوتي اپتی سندوش وارتا رئيكم اواند پیر يحيا اناغن ممبنام آره اواند پیر اولوا راکیتلا قال ربي ان لا يكون لي غلام وكان في مراتي عاقرا وقد بلغت من الكبر عتيا" அதெhem paranju "എന്റെ രക്ഷീദാവേ എനിക്ക് എങ്ങനെ ഒരു ആൺകുട്ടിണ്ടാകും എന്റെ ഭാര്യ വന്ധ്യയാ군요" ഞാൻ ആണെങ്കിൽ വാർദ്ധക്യത്താൽ ചുക്കിചുളിഞ്ഞ അവസ്ഥയിലEntityType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 قال رب جعلني آية قال آيتك ألا تكلمن ناس ثلاث ليال سويا زكريا پرنجو ني انيك ورد رشتاندم ارپدت ترينمه <تصفيق> الله پرنجو نينك كُلَّ رشتاندم وَيْغَلْ يَمُنْ نُّمْ إِلَّا تَوَنْ آئِرِكَ تَنَّ جننگلوڑ مونن رابطري ني سمساري کا درکل آگمه അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു എന്നിട്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക എന്ന് അവരോട് ആംഗ്യം കാണിച്ചു ഹേ യേദഗ്രന്ഥം ബലമായി സ്വീകരിച്ചു കൊള്ളുക എന്ന് നാം പറഞ്ഞു കുട്ടിയായിരിക്കന്നെ അദ്ദേഹത്തിന് നാം ജ്ഞാനം നൽകുകയും ചെയ്തു വഹനിയ നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയും പരിശുദ്ധിയും നൽകി അദ്ദേഹം ധർമ്മനിഷ്ഠയുള്ളവനുമായിരുന്നു തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനുമായിരുന്നു നിഷ്ഠൂരനും അനുസരണം കെട്ടവനുമായിരുന്നില്ല والسلام عليه يوم ولد ويوم يموت ويوم يبعث حيا اذهب جنിച്ച दिवसाव मरिकना दिवसाव जीवनोडे एळ्नेल्पिकपडन दिवसाव अदेहतिने समाधान व अذكر في الكتاب مغيم اذ تبدت من اهلها مكانا شطيا वेद ग्रंथतील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 ശരണം പ്രാപിക്കുന്നു നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നെ വിട്ട് മാറിപ്പോകൂനോലിയ ജിബിരിയിൽ പറഞ്ഞു പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിനു വേണ്ടി നിന്റെ രക്ഷിതാവച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ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 കാരുണ്യവും ആക്കാനും നാം ഉദ്ദേശിക്കുന്നു അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാകും അങ്ങനെ അവനെ ഗർഭം ധരിക്കുകയും എന്നിട്ട് അതുമായി അവൾ അകലെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയും ചെയ്തു അങ്ങനെ പ്രസവവേദന അവളെ ഒരു ഈന്തപ്പന മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അവൾ പറഞ്ഞു ഞാൻ ഇതിനു തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെട്ടവളാകുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ تنادا من تحتها الا تحزني قد جعل ربك تحتك سريريا ودنه اولوده ತಾಳ್ಭಾಗத்து నిన్న ఒరాల్ విలిచి పర్ని నీ వెసనికేంట నింద ತಾಳ್భాగత్తు ఒరు అరువి ఉണ്ടാకి తన్నరికను వాహజ్జీ നീ ഈന്തപ്പനമരം നിന്റെ അടുക്കലേക്ക് പിടിച്ചു കുലുക്കൊള്ളുക അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ച തരുന്നതാണ് അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കണ്ണു കുളിർത്തിരിക്കുകയും ചെയ്യുക ഇനി നീ മനുഷ്യരിൽ ആരെങ്കിലും കാണുന്ന ഇപ്രകാരം പറഞ്ഞേക്കുക പരമകാരുണികനു വേണ്ടി ഞാൻ ഒരു വ്രതം നേർന്നിരിക്കുകയാണ് അതിനാൽ ഇന്നു ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല തന്നെ അനന്തരം കുട്ടിയേയും വഹിച്ചുകൊണ്ട് അവൾ തന്റെ ആളുകളുടെ അടുത്തു ചെന്നു അവർ പറഞ്ഞു മര്ജമേ ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയാകുന്നു നീ ചെയ്തിരിക്കുന്നത് ഹേ ഹാറൂന്റെ സഹോദരി നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ഒരു ദുർനടപടിക്കാരിയുമായിരുന്നില്ല അപ്പോൾ അവൾ അവന്റെ നേരെ ചൂണ്ടിക്കാണിച്ചു അവർ പറഞ്ഞു തൊട്ടിലുള്ള ഒരു കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും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 والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا 냔 ஜெனிச்ச दिवसाவும் मरिकुना दिवसाவும் ஜீவனோடு ഴணேல்பிக்கப்படும் दिवसाவும் എൻടെเมล ശാന്തി ഉണ്ടായിരിക്കും ذلك عيسى بدون مرجم قول الحق الذي فيه يمترون அதത്ര മറിയമിന്റെ മകനായ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 إِنَّا نَحْنُ نَرِثُ الْأَغْضَ وَمَنْ عَلَيْهَا وَإِلَيْنَا يُرْجَعُونَ تِغِرْجَّ يَعَيُونَ نَام تَنَّ يَعَنَنْ بھُوْمِ يُوْدَيُمْ أَدِلُوْلَّوَ يُوْدَيُمْ أَنَدْرَا وَغَاشِي آغُنَّدِ نَمْ مُدَ أَدُكْرَيْكُ تَنَّ يَعَيْدِكُمْ أَوَرْ مَدَكْقَ پِدُنَّدِ വേദഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെപ്പറ്റിയുള്ള വിവരം നീ പറഞ്ഞുകൊടുക്കുക തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു എന്റെ പിതാവെ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത താങ്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുവിനെ താങ്കൾ എന്തിനാരാധിക്കുന്നു എന്റെ പിതാവ് തീർച്ചയായും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 ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും കുറെ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളണം ഇബ്രാഹിം പറഞ്ഞു താങ്കൾക്ക് സലാം താങ്കൾക്കുവേണ്ടി ഞാൻ എന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടാം തീർച്ചയായും അവൻ എന്നോട് ദയയുള്ളവനാകുന്നു നിങ്ങളെയും അള്ളാഹുവിനു പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നവയെയും ഞാൻ വെടിയുന്നു എന്റെ രക്ഷിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ ഭാഗ്യം കെട്ടവൻ ആകാതിരും നേക്കാം അങ്ങനെ അവരെയും അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയേയും വെടിഞ്ഞ് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് നാം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 وَلَادَيْنَا هُ مِنْ جَانِبِ الطُّورِ الأَيْمَنِ وَطَرَبْنَاهُ لِنَبِيٍّ പർവതത്തിന്റെ വലതുഭാഗത്തുനിന്ന് നാം അദ്ധേഹത്തെ വിളിക്കുകയും രഹസ്യസംഭാഷണത്തിനായി നാം അദ്ധേത്തിനെ സാമീപ്്യം നൽഗുകയും ചെയ്തു. وَوَهَبْنَا لَهُ مِنْ رَحْمَتِنَا أَخَاهُ هَارُونَ نَبِيًّا നമ്മുടെ കാരുണ്യത്താൽ തന്റെ സഹോദരനായ ഹാറൂനിനെ ഒരു പ്രവാചകനായി അദ്ദേഹത്തിന് സഹായത്തിനായി നാം നൽകുകയും ചെയ്തു വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെപ്പറ്റിയുള്ള വിവരം നീ പറഞ്ഞുകൊടുക്കുക തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്നവനായിരുന്നു അദ്ദേഹം ദൂതനും പ്രവാചകനുമായിരുന്നു തന്റെ ആളുകളോട് നമസ്കരിക്കുവാനും ജക്കാത്ത് നൽകുവാനും അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അദ്ദേഹം പ്രീതി ലഭിച്ചവനായിരുന്നു واذكر في الكتاب ادريس انه كان صديقا نبيًا வேத ग्रंथത്തിൽ ഇദ്രിസിനെ പറ്റിയുള്ള വിവരം ഞാൻ പറഞ്ഞു കൊടുക്കുക തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനായിരുന്നു કુവറത അന്നഹു മകലാ അലിയാ അദ്ധേഹത്തെ നാം ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു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 അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള പ്രവാചകന്മാരത്രേ അവർ ആദമിന്റെ സന്തതികളിൽപ്പെട്ടവരും നോഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരിൽപ്പെട്ടവരും ഇബ്രാഹിമിന്റെയും േലിന്റെയും സന്തതികളിൽപ്പെട്ടവരും നാം നേർവഴിയിലാക്കുകയും പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്തവരിൽപ്പെട്ടവരുമത്രെ അവർ പരമകാരുണികന്റെ തെളിവുകൾ വായിച്ചു കേൾപ്പിക്കപ്പെടുന്ന പ്രണമിക്കുന്നവരും കരയുന്നവരുമായിക്കൊണ്ട് അവർ താഴെ വീഴുന്നതാണ് എന്നിട്ട് അവർക്കുശേഷം അവരുടെ സ്ഥാനത്തിൽ ഒരു പിൻതലമുറ വന്നു അവർ നമസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തു തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നതാണ് إِلَّا مَن تَابَ وَآمَنَ وَعَمِلَ صَالِحًا فَأُولَٰئِكَ يَدُخُلُونَ الْجَنَّةَ وَلَا يُظْلَمُونَ شَيْحًا إننال فَسْتَا تَبِي <تصفيق> كُوْجَيُمْ دِشو سِي كُوْجَيُمْ سَلْكَرْمَمْ پرَوَرْتِ كُوْجَيُمْ صَيْدَ بَرْ إِدِلْنِي نُوْرِبَاغُنْنَوْ أَوَرْ سَرْكَتِلْ پ പരമകാരുണികൻ തന്റെ ദാസന്മാരോട് അദൃശ്യമായ നിലയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനായുള്ള സ്വർഗ്ഗത്തോപ്പുകളിൽ അവർ പ്രവേശിക്കും തീർച്ചയായും അവന്റെ വാഗ്ദാനം നടപ്പിൽ വരുന്നത് തന്നെയാകുന്നു لا يسمعون فيها لغوان إلا سلاما ولهم رزقهم فيها بكرتا وعشيا سلام الله ده نررتكما يا عادنم أبر أبدا كيلكو غيلا تنغلو ده آهارم جعبليم ويغن نيرم أبر قبدا لبدا لبدا دانم നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആർ ധർമ്മനിഷ്ഠ പുലർത്തുന്നവരായിരുന്നുവോ അവർക്കു നാം അവകാശപ്പെടുത്തി കൊടുക്കുന്ന സ്വർഗമത്രേ അത് മാ വമാ നബിയോട് ജിബിരിയിൽ പറഞ്ഞു താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പനപ്രകാരമല്ലാതെ നാം ഇറങ്ങിവരുന്നതല്ല നമ്മുടെ മുമ്പിലുള്ളതും നമ്മുടെ പിന്നിലുള്ളതും അതിനിടയിലുള്ളതും എല്ലാം അവൻ്റെതത്ര താങ്കളുടെ രക്ഷിതാവ് മറക്കുന്നവനായിട്ടില്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവത്ര അവൻ അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു ചെയ്യുക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 അവരെയും പിശാചുക്കളെയും നാം ഒരുമിച്ചു കൂട്ടുക തന്നെ ചെയ്യും പിന്നീട് മുട്ടുകുത്തിയവരായിക്കൊണ്ട് നരകത്തിനു ചുറ്റും അവരെ നാം ഹാജരാക്കുക തന്നെ ചെയ്യും പിന്നീട് ഓരോ കക്ഷിയിൽ നിന്നും പരമകാരുണികനോട് ഏറ്റവും കടുത്ത തിക്കാരം കാണിച്ചിരുന്നവരെ രിച്ചു നിർത്തുന്നതാണ് പിന്നീട് നരകത്തിൽ എരിയുവാൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അർഹതയുള്ളവരെപ്പറ്റി നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ് ക്വരി നരകത്തിനടുത്തുവരാത്തവരായി നിങ്ങളിൽ ആരും തന്നെയില്ല നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ ഒരു തീരുമാനമാകുന്നു അത് പിന്നീട് ധർമ്മനിഷ്ഠ പാലിച്ചവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളെ മുട്ടുകുത്തിയവരായിക്കൊണ്ട് നാം അതിൽ വിട്ടേക്കുകയും ചെയ്യുന്നതാണ് സ്പഷ്ടമായ നിലയിൽ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 അദൃശ്യകാര്യം അവൻ കണ്ടറിഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ പരമകാരുണികൻറെ അടുത്ത് അവൻ വല്ല കരാറുമുണ്ടാക്കിയിട്ടുണ്ടോമിനല്ല അല്ല അവൻ പറയുന്നത് നാം രേഖപ്പെടുത്തുകയും അവന് ശിക്ഷ കൂട്ടിക്കൊടുക്കുകയും ചെയ്യും അവൻ ആ പറയുന്നതിനെല്ലാം അഥവാ സ്വത്തിനും സന്താനത്തിനുമെല്ലാം നാമായിരിക്കും അനന്തരാവകാശിയാകുന്നത് ഏകനായിക്കൊണ്ട് നമ്മുടെ അടുത്തുവരികയും ചെയ്യും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 അവരുടെ കാര്യത്തിൽ നീറ്റിടുക്കം കാണിക്കേണ്ട അവർക്കായി നാം നാളുകൾ എണ്ണി എണ്ണിക്കൊണ്ടിരിക്കുക മാത്രമാകുന്നു ധർമ്മനിഷ്ഠയുള്ളവരെ വിശിഷ്ടാതിഥികൾ എന്ന നിലയിൽ പരമകാരുണികന്റെ അടുത്തേക്ക് നാം വിളിച്ചുകൂട്ടുന്ന ദിവസം കുറ്റവാളികളെ ദാഹാർഥരായ നിലയിൽ നരകത്തിലേക്ക് നാം തെളിച്ചുകൊണ്ടുപോകുകയും ചെയ്യുന്ന ദിവസം ആർക്കും ശുപാർശ ചെയ്യാൻ അധികാരമുണ്ടായിരിക്കുകയില്ല പരമകാരുണികനുമായി കരാറുണ്ടാക്കിയിട്ടുള്ളവനൊഴികെ പരമകാരുണികൻ ഒരു സന്താനത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു അപ്രകാരം പറയുന്നവരെ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാകുന്നു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 ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊരാളും ഒരു ദാസനെന്ന നിലയിൽ പരമകാരുണികന്റെ അടുത്ത് വരുന്നവൻ മാത്രമായിരിക്കും തീർച്ചയായും അവരെ അവൻ തിട്ടപ്പെടുത്തുകയും എണ്ണി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു അവരോരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ിയായിക്കൊണ്ട് അവന്റെ അടുക്കൽ വരുന്നതാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് പരമകാരുണികൻ സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നതാണ് തീർച്ച فَإِنَّمَا يَسَّرْنَاهُ بِلِسَانِكَ لِتُبَشِّرَ بِهِ الْمُتَّقِينَ لِتُبَشِّرَ بِهِ الْمُتَّقِينَ وَتُنْذِرَ بِهِ قَوْمَ النُّدَّا إِيه قُرْآن نِنْدَ فَاشَ يَلْ نَامْ لِلِبَ مَاكِتَ نِرِكُنَّدُ دَرْمَ نُشْتَ يُلَّوَرْكُ إِذُ مُخْيَنَا نِي سَنْدُوَشَ <تصفيق> وَارْتَ نَلْقُو നീ താക്കീത് നൽകുവാനും വേണ്ടി മാത്രമാകുന്നു ഇവർക്കു മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് ആരെയെങ്കിലും നീ കാണുന്നുണ്ടോ അഥവാ അവരുടെ നേരിയ ശബ്ദമെങ്കിലും നീ കേൾക്കുന്നുണ്ടോ